ഓരോ ആത്മാവും താൻ ചെയ്ത നന്മകൾ തൻറെ മുന്നിൽ ഹാജരാക്കപ്പെട്ടതായി കാണുന്ന ദിവസം താൻ ചെയ്ത തിന്മകളെക്കുറിച്ച് അത് തനിക്കും അതിനും ഇടയിൽ വലിയൊരു അകലമുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും അവ്വാഹുസുബാനഹൂവത്തായാലാ തന്നിൽ നിന്ന് നിങ്ങളെ താക്കീത് ചെയ്യുന്നു അവ്വാഹുസുബാനഹൂവത്തായാലാ തൻറെ ദാസന്മാരോട് കരുണാനിധിയാകുന്നു